തനിക്ക് സ്വാധീനപ്പെട്ടതായിട്ടുള്ള ആത്മവശിയേ തൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന ഇന്ദ്രിയേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയാൻചരൻ തു വിഷയങ്ങളെ അനുഭവിക്കുന്നുവെങ്കിൽ അവൻ അനുഭവിക്കുന്നവനാണ് പ്രസാദം അധിക ചതി പ്രസാദത്തെ കിട്ടുന്നു അല്ലാതെ ഇതിൽ ഒരുപാട് കേട്ടെന്ന് ആലോചിച്ചു അങ്ങനെ ഓ അപ്പം അത് അങ്ങനെ ആയാലിങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട വളരെ ശാന്തനായി ഇരുന്നു കേട്ടു ഒരു നല്ലൊരു കഥ പറയാറുണ്ട് ഒരിക്കലും ഒരു രാജാവിന് അദ്ദേഹത്തിൻ്റെ മന്ത്രി ഗംഭീരൻ മന്ത്രിയാണ് അപകാര ബുദ്ധിമാനാണ് അങ്ങേയറ്റത്തെ പ്രായോഗിക എന്താ പറയുക പരിജ്ഞാനുള്ള ഒരാളാണ് അദ്ദേഹം മരിച്ചുപോയി അപ്പൊ രാജ്യത്ത് അത് വലിയൊരു നഷ്ടമായി വലിയൊരു വിടവായി അപ്പൊ രാജാവ് വിചാരിച്ചു ഇനി ഇങ്ങനെ ഒരുവൻ വേണമല്ലോ അതിനെന്ത് വേണം അതുകൊണ്ട് കുറച്ച് പേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കിട്ടും ഇതുപോലുള്ള വലിയ വലിയ നല്ല ഇത് ബുദ്ധിമാന്മാരായിട്ടുള്ള അങ്ങനെ മൂന്ന് പേരെ കണ്ടുപിടിച്ചു വന്ന മൂന്നാൾക്കാരെ ഒരാൾ വലിയ എന്താ പറയുക ഗണിത ശാസ്ത്രജ്ഞനാണ് അയാൾ പറഞ്ഞു കണക്കാണ് എല്ലാ പ്രശ്നങ്ങളും ഗണിതം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഈ രാജ്യത്ത് ഒരു വിഷയവും ഇല്ല ഞാനത് പ്രൂവ് ചെയ്തു തരാം ആഹാ അങ്ങനെയാണോ രണ്ടാമത്ത ആൾ പറഞ്ഞു എല്ലാം താർക്കികമാണ് എന്ന് പറയാം എല്ലാം യുക്തിഭദ്രമായിരിക്കണം യുക്തിക്കപ്പുറത്തൊന്നും നിലനിൽക്കുന്നില്ല അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു തത്വചിന്തകൻ അദ്ദേഹം ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നത് അങ്ങനെ വാക്കുകളെ കൊണ്ടും അങ്ങനെയാണ് അദ്ദേഹത്തിനെ പിടിച്ചു അങ്ങനെ രണ്ടാളായി പിന്നെ ഒരാൾ ഒരു ഭക്തൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇപ്പോഴത്തെ ഭക്തനല്ല നമ്മൾ മുൻപിലേക്ക് പോയി കാണും ഗീതയിൽ കാണുന്ന ഭക്തൻ ഇപ്പൊ നിങ്ങൾ ഭക്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻപിലൊരു ചിത്രം വരും അതല്ല ഒരു ഒരു മനുഷ്യൻ എന്ന് പറയാം സ്വാമി അതായിരിക്കും നന്നാവുക അങ്ങനെ മൂന്ന് പേരെയും കൂടെ രാജാവിൻ്റെ അടുത്തെത്തി രാജാവ് പറഞ്ഞു നാല് ദിവസം നിങ്ങൾക്ക് ഇവിടെ വിശ്രമിക്കാം അഞ്ചാമത്തെ ദിവസം നിങ്ങളെ ഞാൻ പരീക്ഷണത്തിന് വിധേയനാക്കും അതിലാർക്കെങ്കിലും ഒരാൾ ആ പരീക്ഷയിൽ വിജയിക്കുന്ന ആൾക്ക് എന്റെ പ്രധാനമന്ത്രിയാവാം ശരി അപ്പോൾ ഈ നാല് ദിവസമുണ്ടല്ലോ ഇതിൽ ഈ ഒന്നാമത്തെ ഗണിത ഗണിതശാസ്ത്രകാരൻ ആ ഗണിതത്തിൻ്റെ സകലമാന പ്രശ്നങ്ങളെയും എടുത്ത് അവതരി അങ്ങനെ പകഞ്ഞാലോചിക്കാൻ തുടങ്ങി എന്തായിരിക്കാം രാജാവിൻ്റെ രാജാവിന് ഒരു ഞങ്ങളുടെ മുൻപിൽ വയ്ക്കാനുള്ള പ്രശ്നം എന്നതിനെക്കുറിച്ച് അതുപോലെ ചിന്തകനും പല പല പല പ്രശ്നങ്ങളെയും എടുത്തിട്ടു ഈ സമയത്ത് നമ്മുടെ മറ്റേ വിദ്വാൻ യാതൊരാലോചനയും ഇല്ല ഒരാലോചന അയാൾ കൊട്ടാരത്തിലെ ഉദ്യാനത്തിലൊക്കെ അങ്ങനെ പോയിരുന്ന് കിളികളിങ്ങനെ പാട്ടുപാടുന്നതൊക്കെ കേട്ട് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ നോക്കി നിലത്ത് വീണതൊക്കെ എടുത്ത് മണത്ത് നോക്കി ഒരു അങ്ങേയറ്റം സാധാരണക്കാരനെ പോലെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായിക്കൊണ്ട് അവിടെ അങ്ങനെ കഴിഞ്ഞു കൊട്ടാരത്തിൽ മണിയടിക്കുമ്പോൾ പോയി ഭക്ഷണം കഴിച്ചു വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമം വിശ്രമം ചെയ്തു മറ്റവർ ഭക്ഷണം കഴിക്കാനേ ഇല്ല ഇദ്ദേഹം പോയി ചോദിച്ചു എന്താ വരാത്തതെന്ന് ഭക്ഷണം ഇനിയും കഴിക്കാം പ്രധാനമന്ത്രി ആയതിന് ശേഷം ഇപ്പം ഇങ്ങനെ കഴിച്ചു കൂടിയാലേ ശരിയാവില്ല എന്നവർ രണ്ടുപേരും പറഞ്ഞു ഇദ്ദേഹം ചിരിച്ചു എന്ന് പറയാം അഞ്ചാമത്തെ ദിവസം രാജാവ് പ്രശ്നത്തെ ആയിട്ട് വന്നു രാജാവ് ഒരു മുറിയിൽ വരെ പ്രവേശിപ്പിച്ചിട്ട് പറഞ്ഞു കാര്യം വളരെ എളുപ്പമുള്ളതാണ് ഏതായാലും ഇതിന് ഈ മുറി രാജാവ് പറഞ്ഞു ഞാനിത് പൂട്ടാൻ പോവാണ് നാലക്കമുള്ള പൂട്ടിട്ടിട്ട് പൂട്ടി എന്നിട്ട് പറഞ്ഞു ഇതിന് നമ്പർ പൂട്ടാണത് ഈ പൂട്ട് തുറന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം ആദ്യം വരുന്ന ആളെൻ്റെ മന്ത്രി അതും പറഞ്ഞ് രാജാവ് അടച്ചുപോയി അപ്പം ഈ ആദ്യത്തെ ഗണിതകാരൻ നാലക്കം ഗണിതകാരൻ ബാഗെടുത്തു പാനെടുത്തു പേപ്പറെടുത്തു എഴുതാൻ തുടങ്ങി എന്തൊക്കെ ഏതൊക്കെ നമ്പറുകൾ ഈ എത്ര എത്ര നമ്പർ നാലക്കത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ആ നാലക്ക നമ്പറിന് ഇയാൾ ആദ്യം ഒന്നേ ഒന്ന് ഒന്ന് നാലൊന്നിന് ഉണ്ടാക്കി നാലൊന്ന് ഉണ്ടാക്കി പിന്നെ മൂന്നൊന്നും രണ്ടും ഉണ്ടാക്കി പിന്നെ മൂന്നൊന്നും മൂന്നും ഉണ്ടാക്കി അങ്ങനെ ഒൻപത് വരെ പിന്നെ എന്തുണ്ടാക്കി രണ്ട് ഒന്നും ഒന്ന് രണ്ട് ഇങ്ങനെ അദ്ദേഹം അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചും രണ്ട് വെച്ചും മൂന്ന് വെച്ചും നാല് വെച്ചും അഞ്ചു വെച്ചും ഈ ഒൻപത് വെച്ച് ഒൻപത് വരെയുള്ള സംഗതികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ നമ്പറുകൾ പലതും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ദെല്ലായിട്ട് വേണം അതിനെ പോയി തുറക്കാൻ മറ്റയാളോ ഇയാൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് രാജാവിന് ഏതൊക്കെ നമ്പറുകളിൽ രാജാവ് വിഴാം എന്ന നമ്പറുകൾ ഇയാളും ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ കാട് പൊഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് ഈ വിദ്വാൻ വെറുതെ ആ മൂലയിലൊന്നും ഇങ്ങനെ കണ്ണടച്ചിരുന്നു എന്നാ കണ്ണടച്ചിരുന്നപ്പം പെട്ടെന്ന് ഇയാൾക്കെന്തോ വെളിപ്പെട്ട് കിട്ടിയതുപോലെ ഇയാൾ വന്നിട്ട് ഡോറും തുറന്നു ഒറ്റ പൊക്ക് പുറത്തേക്ക് രാജാവ് വന്നിട്ട് ഇവരോട് ചോദിച്ച് നിങ്ങൾ എന്തെടുക്കുക ഇവിടെയെന്ന് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ തുറക്കാമോ ഇത് തുറന്നു കഴിഞ്ഞല്ലോ ഏഹ് ആര് തുറന്നു ഇതേ ഇവിടെ മറ്റേ ആൾ തുറന്നു എങ്ങനെ തുറന്നു അവനോട് ചോദിച്ചാൽ എങ്ങനെ തുറന്നു അയാൾ പറഞ്ഞു ഇത് കൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നു ഇത് വെറുതെ അടച്ചിട്ടെന്ന് അതായത് ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല സത്യം പറഞ്ഞ തുറന്ന് കിടക്കുക ഒന്ന് തള്ളിയാ മതിന്ന് വെറുതെ നമ്മൾ കൂട്ടി കിഴിച്ച് കൂട്ടിക്കിഴിച്ച് അല്ലേ ഈ നമ്മളോട് ആരോ പറഞ്ഞു ഈ അതെ എല്ലാറ്റിനും പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമുണ്ടെങ്കിലും ഇപ്പം അമ്മാവൻ്റെ മകളുടെ കല്യാണം ഉണ്ട് അതിനും ഇപ്പൊ ആളുകൾ പറയുന്നു ഒരു പ്രശ്നമുണ്ട് എനിക്ക് ചൊവ്വാഴ്ച എന്തും പ്രശ്നമാണ് അത്ര അത് പഠിക്കാത്തതുകൊണ്ടാണ് ഒരു ഉപനിഷത്തുണ്ട് പ്രശ്നോപനിഷത്ത് അവിടെ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നും സംസ്കൃതത്തിൽ ചോദ്യം എന്നാ വളരെ എളുപ്പമാണ് ഒന്ന് തള്ളിയാ മതി ജീവിതം ഒരു വിഷമപ്രശ്നമല്ല എന്ന് പറ അങ്ങനെ ഒരുപാട് കൂട്ടാനും കഴിക്കാനും ഒന്നുമില്ല അങ്ങനെ കൂട്ടാനും കിഴിക്കാനും പോയി കഴിഞ്ഞാൽ നമുക്ക് ദിനങ്ങൾ നഷ്ടപ്പെടും അപ്പൊ പ്രസാദം പ്രസാദം അധികച്ചതി ആരാണ് പ്രസാദത്തെ പ്രാപിക്കുന്നത് ഈ അങ്ങേയറ്റം എന്താ ആ നിത്യതയിൽ നിലകൊള്ളുന്നവന അവനറിയാം ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തെ അവനറിയാം വിഷയങ്ങളെ അവനറിയാം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിറകെ പോകുന്നത് എന്തിനാണെന്നും അറിയാം അതെത്ര കാലം തനിക്ക് സുഖം തരും എന്നും അറിയാം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വിഷമം ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം സ്വാമി എന്നാ പിന്നെ എന്താപ്പോ അത്ര വിഷമം അല്ല അതന്നെയാണിപ്പോ ഞങ്ങൾ സ്വാമിയോട് ചോദിക്കണത്തത് എന്തെങ്കിലും എളുപ്പ മാർഗം ഉണ്ടോ എന്ന് ഇതൊക്കെയാണ് മാർഗം തുടർന്ന് ഭഗവാൻ പറയുന്നു േസ ആശു പ്രസാ പ്രസാദ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രസാദം മനപ്രസാദം മനസ്സിന്റെ തൃപ്തി എന്ന് പറയുക അസ്യ ഇവന്റെ സർവദുഃഖാനാം ഹാനി ഉപജായതേ മനസ്സിന്റെ പ്രസാദമാണ് അവന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നത് കുഞ്ഞുണിവാഷ്ടവിത കവിത പഠിച്ചാൽ തന്നെ മതി അദ്ദേഹം പറയും കഞ്ഞി അറിയാമോ ചോറ് വിളമ്പാൻ അറിയാമോ കൊതുകും മൂട്ടയും ഉള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അറിയാമോ പാതയിലൂടെ നടക്കും നേരം പാല് കുടിക്കാൻ അറിയാമോ ദന്താപ്പ സ്വാമി ഇങ്ങോട്ട് തരൂ ഞങ്ങൾ വിളമ്പിത്തരാ ചോറോ കഞ്ഞിയോ കഞ്ഞി വിളമ്പാൻ അറിയാമോ ചോറ് വിളമ്പാൻ അറിയാമോ കഞ്ഞി കുടിക്കാൻ അറിയാമോ കഞ്ഞിയായിരിക്കും വീട്ടിലുള്ളത് അപ്പോഴായിരിക്കും ആരെങ്കിലും വന്നിട്ടുണ്ടാവുക ഏതെങ്കിലും കഞ്ഞികൾ അപ്പം അവർക്ക് നമ്മൾ കഞ്ഞി കൊടുക്കരുത് പിന്നെയോ അവർക്ക് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങട്ടൊക്കെ എടുത്തിട്ട് ആ വറ്റ് അവർക്ക് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ കുടിക്കണം ഇതാണ് ഒരു വലിയ വേദാന്തമാണ് മാഷ് വലിയ വേദാന്തിയാണ് എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കണം നല്ലത് പങ്കുവയ്ക്കാൻ മനപ്രസാദമുള്ളവനെ സാധിക്കൂ ഇതാണ് കൊതുകും മുട്ടയും ഉള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വട്ടത്താണ് നമ്മളീ താമസിക്കുന്നത് കൊതുകുപോലത്തെ ആളുകളുണ്ട് വന്നിങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരും നീ അറിഞ്ഞില്ലേ എന്നിട്ട് ചോര കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മളടുത്തുനിന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു എന്നിട്ട് അടുത്ത വീട്ടിൽ പോയിട്ടും അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല ചായ കുടിക്കുന്നു ഓഹ് അവിടുന്ന് ഒരു ചായ കുടിച്ചു വായ എന്തോ പോലെ ഇപ്പോ നീ ഒരു ചായ നല്ലതെടുക്കും എന്നിട്ട് അവിടുന്ന് കുറച്ച് കുടിച്ചു എന്നിട്ട് അടുത്ത അടുത്തേക്കും മൂട്ട എങ്ങനെയാണെന്നറിയാം നമ്മൾ പോലും അറിയില്ല നമ്മളെ കുടിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ പറ്റുമെന്നാ ചോദ്യം നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഒരു ഭംഗവും ഇല്ലാതെ നിലകൊള്ളാൻ സാധിക്കുമോ മാഷ് വളരെ ലളിതമായിട്ടാണ് ചോദിക്കുന്നത് ഇതൊക്കെ ആർക്ക് സാധിക്കും മനപ്രസാദം ഉള്ളവനെ മനസ്സിന്റെ പ്രസാദം അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ അങ്ങനെ ഒരു ഒരു കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം അപ്പോഴേ മനസ്സിന് പ്രസാദമുണ്ടാവൂ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അക്ബർ ചക്രവർത്തിയെ അദ്ദേഹം വലിയ സംഗീത ഭ്രമമുള്ള ആളായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ പ്രസിദ്ധനായ സംഗീതജ്ഞനായിരുന്നു ടാൻസൻ ടാൻസെൻ്റെ സംഗീതം അക്ബറിന് വലിയൊരു ഹരമായിരുന്നു അക്ബർ എന്താ പറയുക രാജ്യത്തിൽ ഒരു എന്താ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ടാൻസിന് അലോസര ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരാളും ആ പരിസരത്തൊന്നും പാട്ട് തന്നെ പാടാൻ പാടില്ല എന്ന് ഞാൻ അടിച്ചു ഓടിക്കും എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തല കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാപനമാണ് അതുകൊണ്ട് ടാൻസന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ടാൻഷൻ തൻ്റെ ഗുരുവിനെക്കുറിച്ച് അക്ബറിനോട് പറഞ്ഞത് ഗുരുവിൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞു ആഹാ നിങ്ങളേക്കാൾ പാടുവന്നു പിന്നെ എൻ്റെ ഗുരു എന്നേക്കാൾ പാടാതിരിക്കൂ അദ്ദേഹം അപാര പൺ പാട്ടുകാരനാണ് ഏ അതെയോ എന്നാ കൊണ്ടുവരൂ ഞാൻ ഇതുവരെ ആർക്കും ചെയ്യാത്തതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാം അത്രയും വിശിഷ്ടമാർന്ന ഉപഹാരങ്ങൾ നൽകി അങ്ങേയറ്റം രാജയോഗ്യമായ വിധത്തിൽ നാം അദ്ദേഹത്തെ സ്വീകരിച്ച് എന്താ അതൊക്കെ ചെയ്യുന്നതാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ രാജകീയ ഭാഷയിൽ പറഞ്ഞു അപ്പം ടാൻസൺ പറഞ്ഞു മഹാരാജ് അദ്ദേഹം ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ അടുത്തന്നെയാ യമുനയുടെ തീരത്താണ് ഒരു കുടിലുകെട്ടി അവിടെ പാട്ടുപാടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ കേൾക്കാം ഇങ്ങോട്ടൊന്നും വരില്ല എന്ന് പറയാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി എപ്പോഴാണ് അദ്ദേഹം പാടുക ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു മൂന്ന് മണിക്ക് അത് നമ്മളൊന്നും കണ്ടുകഴിഞ്ഞാൽ പാടില്ല അദ്ദേഹത്തിന് തോന്നിയ പാടും ഇല്ലെങ്കിൽ ഇല്ല ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ വേഷമൊക്കെ മാറി പോയി മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് പോയപ്പം ഇദ്ദേഹം പുറത്തു വന്നു പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ ആ സിത്താറൊക്കെ എടുത്തു വെച്ച് അദ്ദേഹം അങ്ങോട്ട് പാടാൻ തുടങ്ങി പാടാൻ തുടങ്ങിയപ്പോൾ അക്ബർ കരഞ്ഞു എന്നാണ് പറയുന്നത് ഇത് കേട്ടിട്ട് അക്ബർ പൊട്ടിക്കാരൻ അദ്ദേഹത്തിന് ആ അത്രയും ആനന്ദം വന്നിട്ട് എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളെന്ത് പാട്ടുകാരനാണ് നിങ്ങൾ എന്താ ഇത്ര കാലം ചെയ്തതെന്ന് അപ്പം ഇദ്ദേഹം പറഞ്ഞു മഹാരാജ് ഞാൻ ഈ അങ്ങയ്ക്ക് വേണ്ടി പാടുകയല്ലേ അദ്ദേഹം ആർക്കും വേണ്ടി അദ്ദേഹം ആ ബ്രഹ്മാനന്ദത്തിൽ പാടുക ഞാൻ രാജാവിന് വേണ്ടി പാടുമ്പോൾ എങ്ങനെയൊക്കെ ആവുമെന്ന് പറയുക അങ്ങയിൽ നിന്ന് ചില്ലറ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പാടുന്നത് അദ്ദേഹം ഒരു ചില്ലറയും നോട്ടും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം ആ ബ്രഹ്മാനന്ദത്തിൽ അങ്ങനെ പാടുന്നു എന്ന് പറയാം അപ്പൊ മനപ്രസാദം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അല്ലാതെ എന്തെങ്കിലും കിട്ടിയിട്ട് ചിലപ്പം ചിലർക്കുണ്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ നിൽക്കും അല്ല ഇത്രയേ ഉള്ളൂ ഇല്ലേ കിട്ടുന്നതിലൊരു പ്രസാദമില്ല ഇപ്പൊ പ്രസാദം സർവദുഃഖാനാം ഹാനി ഉപജായതേ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു ഹി എന്തെന്നാല് പ്രസന്ന ചേതസഹ മനസ്സിന് പ്രസാദമുള്ളവന്റെ ബുദ്ധിഹി ബുദ്ധി ആശുഭു വളരെ വേഗം പര്യവതിഷ്ഠതേ നിശ്ചലമായി തീരുന്നു അപ്പൊ മനപ്രസാദമുള്ളവന്റെ ബുദ്ധി നിശ്ചലമായി തീരുന്നു നിശ്ചലം എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ബുദ്ധി ഇല്ലാത്തവനാവും അവന്റെ ബുദ്ധി വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന് എന്ന് പറഞ്ഞുവല്ലോ ആ നിശ്ചയബോധം ഉറപ്പുറ്റവന് പലതില്ല ഒന്നേ ഉള്ളൂ എന്ന് വന്നവന് പിന്നെ അവന്റെ ബുദ്ധി അവ്യവസായിനാം അവിപശ്ചിത അങ്ങനെയല്ല എന്ന് പറയാ തുടർന്ന് ഭാവന ശാന്തി അസ്തിയുക്തുക്ത ഭാവന ഭാവയത ശാന്തി അശാന്ത കുതസുഖം ഭഗവാൻ ചോദിക്കുന്നു അശാന്ത കുതസസുഖം അശാന്തനായിട്ടുള്ള ഒരുവിന് എവിടുന്ന് സുഖം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നാല് അയുക്തസ്യ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താത്തവന് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിലുള്ള ഇതെന്തല്ല ഈ കടിഞ്ഞാണ് കടിഞ്ഞാണ് പിടികിട്ടാത്തവന് കടിഞ്ഞാണേ ഇല്ല ആർക്കും കൊടുത്തിട്ടില്ല കടിഞ്ഞാൺ അങ്ങനെ അയുക്തസിയ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താത്തവന്റെ ബുദ്ധിഹി ന അസ്ഥി അവന് ആ ബുദ്ധി എന്ന് പറഞ്ഞ ആത്മവിഷയകമായ അറിവ് ന അസ്ഥി ഉണ്ടാകുന്നില്ല അയുക്തസ്യ ഇന്ദ്രിയങ്ങളെ അടങ്ങാത്ത യുക്തമല്ലാത്ത മനസ്സോടുകൂടിയിട്ടുള്ള അവന് ഭാവന നച്ച ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധ്യാനം ധ്യാനനിരതമായ ഒരു മനസ്സ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ സാധിക്കില്ല അവനതൊന്നും സാധ്യല്ല അതൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയും അങ്ങനെയാ അതൊക്കെ എങ്ങനെയപ്പം ചിലർക്കുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ജോലി ചെയ്യില്ല ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് പിടിച്ചു കല്യാണം കഴിപ്പിക്കുക ഓ അതാണ് അതിലേറെ കഷ്ടം പിന്നെ അത് അവരുടെയും കൂടെ കഷ്ടകാല അല്ലേ പിന്നെ അവർ രണ്ടു കുട്ടികളുമാവും പിന്നെ പറയും വേണ്ടല്ലോ ഒരു ദിവസം ഇവർ ഈ അമ്മ പറഞ്ഞു മതിയായി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്ത് അല്ല ഞാൻ ആലോചിക്കുക എങ്ങനെയായാ മതിവും അത് ഞാനും ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയായ മദ്യം അല്ല അവര് വളരെ കാര്യമായിട്ട് പറഞ്ഞു അല്ല നമ്മുടെ ഈ ഇലക്ട്രിക് ബില്ല് പിന്നെ ഈ ടെലിഫോണും ഉണ്ട് ടെലിഫോൺ ബില്ലും പിന്നെ ഇതൊക്കെ അമ്മ പാവം അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അമ്മ ഒന്നും അറിയിക്കുക പോലുമില്ല പിന്നെ കുട്ടികളുടെ വസ്ത്രവും പഠിപ്പും ചേച്ചി സഹായിക്കുന്നതുകൊണ്ട് പല ചരക്ക് ഇടയില് ബില്ല് നിങ്ങൾ അറിയാ അറിയാറ് പോലുമില്ല അച്ഛനാണ് അത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് മേടിക്കുന്നു അപ്പം ഇവർ വേറൊരു വീട്ടിലെ താമസം അടുത്തെടുത്ത അപ്പൊ അച്ഛനാണ് അവർ ചെയ്യുന്നത് പിന്നെ ഒരു സിനിമ പോലും കാണുന്നുണ്ടെങ്കിൽ ഈ കോളനിയിലെ വല്ല ഫ്രണ്ട്സൊക്കെ വിളിച്ചു കൊണ്ടുപോയി കാണിക്കണം ഞാൻ ആലോചിക്കുക ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ നമുക്ക് അപ്പൊ അദ്ദേഹം പറയാതെ ഞാനും ആലോചിക്കുക നിന്റെ ഒരു ഗൾഫിലുള്ള അമ്മാമല്ലേ ഇതുവരെ ഒന്നും തന്നിട്ടില്ല നമുക്ക് ഞാനും ആലോചിക്കുക അപ്പൊ ചിന്ത ഇനിയും അങ്ങനെ തന്നെയാണ് ഭാവന നച ധ്യാനം തന്നെ സംഭവിക്കില്ല അഭാവയത ഒരു ധ്യാനമില്ലാത്തവന് ആത്മധ്യാനം ഇല്ലാത്തവന് ശാന്തിഹി നച ശാന്തി എന്നൊന്ന് ഉണ്ടാവില്ല അശാന്തസ് അശാന്തനായിട്ടുള്ള ഒരുവന് കൊത സുഖം എവിടെ നിന്ന് സുഖം ആ ശബ്ദം തന്നെ അവന്റെ നിഘണ്ടുവിലില്ല പിന്നെ അവന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ വേറെ ഓരോന്നിന്റെ പിറകെ പോകുന്നത് അത് കള്ളിൽ നിന്നോ കഞ്ചാവിൽ നിന്നോ അങ്ങനെ എന്തി ഏതിൽ നിന്നെങ്കിലും കിട്ടും എന്ന് കരുതി ആ വഴിക്ക് കൂടുന്നു അതുകൊണ്ട് ഭഗവാൻ പറയണോ എന്താ വേണ്ടത് ഇന്ദ്രിയാം നല്ലൊരു ഉദാഹരണം ഭഗവാൻ ഇവിടെ വീണ്ടും ഉദാഹരിക്കണോ ഇന്ദ്രിയണം ഹി ചരദാം യന് മനഃ അനുവിധീയത തത ഹരതി പ്രജ്ഞാം വായു ഇവ അംബസി പറയുന്നു ചരദാം ഇന്ദ്രിയണം യത് മനഃ ചരതാം ചരിക്കുന്ന ചരതി ചരദാം ചരിക്കുന്നത് എന്തിലാണ് ചരിക്കുന്നത് നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വിഷയങ്ങൾ അതുകൊണ്ടാണ് കുതിരയെ വെച്ചത് ചരിക്കുകയാണ് മതി കുതിര ചരിക്കുന്നതാണ് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു കുതിര എന്ന് പറഞ്ഞുവല്ലോ അപ്പൊ ചരതാം ഇന്ദ്രിയാണാം യത് മനഃ അപ്പൊ വിഷയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് യാതൊരുവന്റെ മനസ്സ് അനുവിധീയത അനുകൂലമായി പ്രവർത്തിക്കുന്നു തത് അത് ആ മനസ്സ് അസ്യപ്രജ്ഞാം ഇവന്റെ വിവേകത്തെ വായുഹു അംബസി കാറ്റ് വെള്ളത്തിൽ നാവം തോണിയെ എന്ന ഇവ ഹരതി വലിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ കാറ്റിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും തോണി അതായത് വെറുതെ ഇട്ടു കെട്ടാതെ ഇട്ടു കെട്ടിയിട്ടത് ചിലപ്പോൾ അങ്ങനെയുണ്ട് അങ്ങനെ പണ്ട് ഒരു ആൾക്കാർ ഉത്സവം കഴിഞ്ഞിട്ട് തോണി കയറി തുഴയാൻ തുടങ്ങിയ അവർ കുറച്ച് സേവനം നടത്തിയിട്ടുണ്ടായിരുന്നു തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞ എത്ര തുഴഞ്ഞിട്ടും അക്കരെ എത്തുന്നില്ല രാവിലെ വരെ എന്നിട്ടും എത്തിയിട്ടില്ല സംഭവം എന്താ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കെട്ടിയിട്ട തോണി തുഴയുകയായിരുന്നു എത്തില്ല ഇത് കെട്ടിയിട്ടൊന്നുമില്ല കാറ്റിൽപ്പെട്ട തോണി പോലെ നിയന്ത്രണമില്ലാത്തവൻ്റേത് അതങ്ങനെ പല വഴിക്ക് പോവും നിയന്ത്രണമുള്ളവനാണെങ്കിലോ ആ നിയന്ത്രണത്തിൽ അതങ്ങനെ പോകുമെന്ന് പറയാം ഭഗവാൻ ഓരോരോ ഉദാഹരണങ്ങൾ നിരത്തുക ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഇന്ദ്രിയങ്ങള് മനസ് ബുദ്ധി ഇതിന്റെ ഏകീഭാവം തുടർന്ന് പറയും ഇന്ദ്രിയ ഹോ നിഗൃഹീത ഹേ മഹാബാഹോ അല്ലയോ വീരനായ അർജുന തസ്മാ അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവല്ലോ എന്നുള്ളതുകൊണ്ട് യസ്യന്ദ്രിയാണി സർവശ യാദുരുവന്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ സർവശ എല്ലാ പ്രകാരത്തിലും എല്ലാ വിധത്തിലും ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ അർത്ഥങ്ങളും അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികൾ അതുമായിട്ട് നിഗൃഹീതാനി അടക്കപ്പെട്ടവയാകുന്നു അതിൽ യഥേഷ്ടം സഞ്ചരിക്കാതെ ഒരു നിയന്ത്രണം ആരിലാണോ ഉള്ളത് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അവൻ്റെ പ്രജ്ഞ ഉറപ്പുള്ളതാണ് എന്ന് പറയുക നിയന്ത്രണം ആത്മനിയന്ത്രണം അനിവാര്യ ഭഗവാൻ പറയുന്നു അത് കാറ്റത്തിട്ട തോണി പോലെ ആവരുത് തോന്നിയതുപോലെ ആയിക്കഴിഞ്ഞാൽ അതങ്ങനെ തോന്നിയതുപോലെ പോകും തോന്നിയതുപോലെ പോകാൻ അനുവദിച്ചുകൂടാ അതിന് ക്ഷയം സംഭവിക്കും അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നു ആപ്യ എന്തു മമാങ്കാനി എന്റെ അംഗങ്ങളൊക്കെ പുഷ്ടിപ്പെടട്ടെ എന്തിന് എല്ലാം ബ്രഹ്മത്തെ അറിയാൻ ആപ്യ എന്തു മമാങ്കാനി എന്തൊക്കെ വാക് പ്രാണ ചു ശ്രോത്രം അതോ ബലം ഇന്ദ്രിയാണിച്ച സർവാണി സർവാണി ബ്രഹ്മോപനിഷം മാഹം ബ്രഹ്മ ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കരുത് അതുകൊണ്ട് ബ്രഹ്മാന്വേഷണ താത്പര്യത്തിനായി എൻ്റെ ഇന്ദ്രിയങ്ങൾ സചേതനമാകട്ടെ ഇന്ദ്രിയങ്ങൾ സചേതനമാകുന്നത് അതിനായിട്ടാണ് സത്യത്തെ അറിയാനാണ് ഭഗവാൻ ഇതിനെയൊക്കെ നന്നായി വിസ്തരിച്ച് അടുത്ത അധ്യായത്തിൽ പറയാൻ പോവുക ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോ മനസ്സിലാവാതെ പോകുന്നുവെങ്കിൽ മൂന്നാം അധ്യായത്തിൽ ഇതിനെ മുഴുവൻ മനസ്സിലാക്കാൻ പാകത്തിന് ഭഗവാൻ ഒന്നുകൂടെ ലളിതമാക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ ദേവന്മാരെന്ന് പറയുന്നു അങ്ങനെ കൊടുക്കുന്നതിനെക്കുറിച്ചും മേടിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് നോക്കാം അതുകൊണ്ട് മഹാബാഹു അർജുന യ്രിയാണ് സർവശ ഇന്ദ്രിയെ നിഗൃഹീത എല്ലാ പ്രകാരത്തിലും നിയന്ത്രണത്തോടുകൂടിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ആരാണോ വശംവതനായിട്ടുള്ളത് അവൻ സ്ഥിതപ്രജ്ഞനാണെന്ന് ഞാൻ പറയുന്നു തുടർന്ന് സംയമീ യൂത്ത ഭൂതാനി ജാഗ്രതി എല്ലാവരും അങ്ങനെ ഉണർന്നിരിക്കുമ്പോഴോ സാ പശ്യ ഗൂർക്കയാണെന്ന് പറയും ഗൂർക്ക സെക്യൂരിറ്റി എല്ലാവരും ഉറങ്ങുമ്പം അങ്ങനെ ഉണർന്നിരിക്കും എല്ലാവരും ഉറങ്ങുമ്പം അദ്ദേഹം ഉണർന്നിരിക്കും കാര്യം വളരെ ലളിതമാണ് എല്ലാവരും യാതൊന്നിലേക്കാണോ ഉണർന്നിരിക്കുന്നത് അദ്ദേഹം അതിൽ ഉറങ്ങിയിരിക്കുന്നു എല്ലാവരും ഏതൊന്നിലേക്കാണ് ഉറങ്ങിയിരിക്കുന്നത് അദ്ദേഹം അതിൽ ഉണർന്നിരിക്കുന്നു ആത്മാവിലേക്ക് ആത്മാവിനെക്കുറിച്ച് അതിലെല്ലാവരും ഉറങ്ങിയിരിക്കുക അതിൽ അദ്ദേഹം ഉണർന്നിരിക്കും വിഷയങ്ങളിൽ അദ്ദേഹം ഉറങ്ങിയിരിക്കുന്നു ഈ സെൻ ബുദ്ധിസത്തിൽ അവരുടെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടി അവരുടെ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ അപ്പം അതിലിങ്ങനെ സഞ്ചാരികളാണ് അവർ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ വേറൊരാൾക്ക് അഭയം നേടണമെങ്കിൽ ആ രാത്രി ഒരു രാത്രി കഴിച്ചു കൂട്ടണമെങ്കിൽ അവർ സത്സംഗത്തിലേർപ്പെടണം അങ്ങനെയാണ് അത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് അതായത് ഇയാൾക്ക് എന്തെങ്കിലും ശാസ്ത്ര വിചാരം ചെയ്യുന്നവനാണോ ശാസ്ത്ര വിചാരം ചെയ്യുന്നവനാണെ ആണ് എങ്കിൽ മാത്രമേ അവനെ അവര് ആശ്രമത്തില് താമസിപ്പിക്കൂ അപ്പൊ അതുകൊണ്ട് തർക്കം ഒരു വിഷയമാണ് അവർക്ക് അവിടെ പലതിനെക്കുറിച്ച് തർക്കം വേണം ആ തർക്കത്തിൽ ജയിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാ അങ്ങനെ ഒരു ആശ്രമത്തില് ജ്യേഷ്ഠാനുജന്മാരാണ് ആ ആശ്രമത്തില് അധിപന്മാരായിട്ടിരിക്കുന്നത് അപ്പൊ ഒരു ദിവസം ജ്യേഷ്ഠന് അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് തീരെ സുഖമില്ല അദ്ദേഹം ക്ഷീണിതനായിരിക്കണം അദ്ദേഹത്തിൻ്റെ അനുജനുണ്ട് അദ്ദേഹം ഒരു ജ്ഞാനിയൊന്നുമല്ല വിഡ്ഢിയാണ് എന്ന് പറയുക മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കണ്ണേ ഉള്ളൂ ഒറ്റ കണ്ണനുമാണ് അജ്ഞാനിയുമാണ് ഒരേ അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു ഞാൻ വയ്യ എനിക്ക് ഞാൻ കിടക്കുകയാണ് ആരെങ്കിലും വന്നാൽ നീ അവരെ കൈകാര്യം ചെയ്യണം അപ്പം ഇവൻ പറഞ്ഞു ആദ്യമായിട്ടൊരു പരീക്ഷണമാണിത് അവൻ്റെ ജീവിതത്തിൽ അപ്പൊ എങ്ങനെയപ്പോ അവരോട് പറയാ ഒന്നും വേണ്ട മൗന സംവാദം ബോർഡ് വെച്ചോളാൻ പറഞ്ഞു മൗന സംവാദം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബുദ്ധഭിക്ഷു കയറി വന്നത് ബുദ്ധഭിക്ഷു കയറി വന്നു ഇവര് തമ്മിലുള്ള വാഗ്വാദം നടന്നു സംഭവം ബുദ്ധഭിക്ഷു മറ്റേ ഭിക്ഷു ഓടുകയാണ് ഓടുന്ന കൂട്ടത്തിൽ ഈ വലിയ ചേട്ടനെ കഥകമുട്ടിയിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് അതേന്ന് ചോദിച്ചെന്തു പറ്റും ഞാൻ പരാജയപ്പെട്ടു അങ്ങയുടെ അനുജൻ മഹാജ്ഞാനി എന്താ ഉണ്ടായത് പറയാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മൗന സംവാദമാണെന്നറിഞ്ഞു മൗനത്തിലൂടെ തന്നെയാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ബുദ്ധനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു കൈ കാണിച്ചു ഉടനെ അദ്ദേഹം ബുദ്ധൻ മാത്രമല്ല സംഘവും കൂടെ ബുദ്ധം ശരണം എന്നാണല്ലോ അപ്പം സംഘം ശരണം ഗച്ചാമി എന്നതിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹം രണ്ട് കാണിച്ചു അപ്പം ഞാൻ കാണിച്ചു ധർമ്മം ശരണം ഗച്ചാമി ഞാൻ മൂന്ന് കാണിച്ചു ഉടനെ അദ്ദേഹം മുഷ്ടി ചുരുട്ടി എൻ്റെ നേരെ ചൂണ്ടി എല്ലാം ഒന്നിൽ നിന്നാണ് എന്ന് കാണിച്ചുകൊണ്ട് പിന്നെ എനിക്ക് പരാജയപ്പെടെ പരാജയപ്പെടേന്ന് വൃത്തിയുള്ളൂ ആ സത്തയിൽ നിന്നാണ് ഇതെല്ലാം ആവിർഭവിച്ചതെന്ന് അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ അടുത്ത ആശംസത്തിലേക്ക് പോവാണ് അപ്പോഴേക്ക് അനുജൻ വന്നു അനുജൻ ചോദിച്ചു എവിടെ അവൻ ഏ എന്താ അവനെ നീ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു തോൽപ്പിക്കുക അവൻ ഇത്രയും വൃത്തികെട്ടവനാണ് ഞാൻ അറിഞ്ഞില്ല എന്തുപറ്റി ചേട്ടനല്ലേ പറഞ്ഞത് ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുന്നു അതുകൊണ്ട് ഞാൻ മര്യാദയിൽ നിന്നു അവൻ വന്നുടനെ കാണിച്ചത് നീ ഒറ്റ കണ്ണൻ എന്നാ പിന്നെ മര്യാദയുടെ പേരിൽ നിങ്ങൾക്ക് രണ്ട് കണ്ണുണ്ടല്ലോ എന്ന് ഞാൻ കാണിച്ചു രണ്ട് കാണിച്ചു ഉടനെ അവൻ പറയാണ് നമുക്ക് രണ്ടുപേർ കൂടി മൂന്ന് കണ്ണല്ലേ ഉള്ളൂ പിന്നെ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറം ഞാൻ മുഷ്ടി ചുരുട്ടിയിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും വലിയ വിചാരം ചെയ്യേണ്ട കഥയാണ് അപ്പം നമ്മളൊക്കെ എന്തിലാണ് ഒരുവൻ ഉണർന്നിരിക്കുന്നത് എപ്പോഴും അതിലാണ് ഒരുവൻ ഉറങ്ങിയിരിക്കുന്നതും അതിലാണ് ഇവർ നമ്മൾ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മളൊക്കെ ഏതിലേക്ക് ഉണർന്നിരിക്കുന്നു മുനി അതിലുറങ്ങിയിരിക്കുന്നു മുനി ഏതിൽ ഉണർന്നിരിക്കുന്നു നാം അതിൽ ഉറങ്ങിയിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം ഇതെങ്ങനെയാണ് എന്നാണ് ചോദ്യം ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സത്യം ഗ്രഹിക്കുന്നതാകട്ടെ എന്ന് പറയാം സത്യഗ്രഹണത്തിനുള്ള പാടവം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ നൽകണം അത് ബോധപൂർവം വേണം ചെയ്യാൻ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാലും ഏതാണ് സത്യം ഏതാണ് അസത്യം അത് നന്നായി തിരിച്ചറിയണം എന്നിട്ട് വേണം അതതിൽ എന്താ പറയുക പ്രവർത്തിക്കാൻ പറയാം അതുകൊണ്ട് ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് അർജുനോട് പറയണം അല്ലയോ മഹാബാഹോ തസ്മാത് യ്രിയി സർവശ ഇന്ദ്രിയാർത്ഥേഭ്യഗീതാനി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതാണ് ഏതൊരുവൻ്റെ ഇന്ദ്രിയങ്ങൾ എല്ലാവിധമായ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രണമായി ഭവിച്ചിട്ടുള്ളതാണോ അവൻ്റെ ബുദ്ധി ഉറപ്പുള്ളതാണോ അതുകൊണ്ട് യാതൊരുവനാണോ എല്ലാവരും ഉണർന്നിരിക്കുന്നതിലേക്ക് ഉറങ്ങിയിരിക്കുന്നത് എല്ലാവരും ഉറങ്ങിയിരിക്കുന്നതിലേക്ക് ഉണർന്നിരിക്കുന്നത് അവൻ മുനി എന്ന് പറയുന്നു മുനിക്ക് മുനിയുടെ ലക്ഷണവും കൂടെ ഭഗവാൻ പറഞ്ഞു നമ്മളൊക്കെ ഏതു നേരം ഉണർന്നിരിക്കുന്നതിൽ മുനി ഉറങ്ങിയിരിക്കണോ നമ്മൾ ഉറങ്ങിയിരിക്കുന്നതിൽ മുനി ഉണർന്നിരിക്കണോ പറയാം അത് ആത്മ വിഷയത്തിൽ എൻ്റെ ഞാനാരെന്ന് അറിയാനുള്ള കാര്യത്തിൽ സദാ ജാഗരൂകനായിട്ട് മുനി നിൽക്കുന്ന സമയത്ത് ഒരുവൻ ഞാൻ ആരെന്ന് അറിയാതെ കഴിയുന്നു എന്ന് പറയാം ഇതാണ് അല്ലാതെ രാത്രിയും പകലും എന്നല്ല ഇനി അങ്ങനെ കരുതിയേക്കണ്ട രാത്രി ഉറക്കമഴിഞ്ഞാൽ കിട്ടുന്നതാണ് മുനിയുടെ ലക്ഷണമെന്നും പകലുറങ്ങിയാൽ മുനിയാവാം രാത്രി ഉറങ്ങാതിരുന്നാൽ മുനിയാവാം നിദ്ര എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാ അതുകൊണ്ടാണ് ഗുഡാകേശൻ എന്ന് ഭഗവാൻ വ്യാസൻ അർജുനനെ പേര് ചൊല്ലി വിളിച്ചത് നിദ്രയെ ജയിക്കാൻ പോന്നവൻ അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയിൽ നിദ്രയെ ജ നിപാട് കാലം തപസ്സിനെ കുറിച്ച് പറയും ഭാരതത്തിൽ എന്തിനും തപസ്സാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഒരു ഒരു യുവതി ഒരു വരനെ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു യോഗ്യനായ ഒരു വരനെ ലഭിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് തപസ്സാണ് എല്ലാവരും ചെയ്തത് തപസ്സാണ് എന്ന് പറയാം അത് നല്ല ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു തപസ് ആവശ്യമാണ് എന്ന് പറയുക പണ്ടൊക്കെ പാർവതി പരമശിവനെ തപസ്സ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും തപസ്സാണ് തപസ്സിൽ നിന്നാണ് തപസ് എന്ന് പറഞ്ഞാൽ അടക്കമാണ് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ബോധപൂർവമായ നിയന്ത്രണം അതിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വാമി സൂചിപ്പിച്ചിട്ടുണ്ട് ബലാത്കാരമായിട്ടല്ല എന്ന് പറയാം സപ്രഷനല്ല സ്വാമിജി പറയും സബ്ലിമേഷൻ എന്ന് പറയാം അതിനെ ഉദാത്തീകരിക്കുക അതിനെ അടക്കി വയ്ക്കലല്ല അതിനെ വഴി തുറന്നു വിടുക ഇപ്പൊ നദി ഇങ്ങനെ ഒഴുകുന്ന നദിയെ കെട്ടിയിട്ടാൽ ശരിയാവില്ല അതിനു നമുക്ക് തിരിച്ചും മറച്ചുമൊക്കെ ഒഴുക്കാം തുടർന്ന് ഇതിന്റെ ലക്ഷണം പറയുന്നു അതിഗംഭീരമായിട്ട് ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തിയവത് തവത് കാമാവിശത്തി സാന്തിമാതിമ കാമീ ൂര്യമാണമപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായും പ്രവിശന്തി സർവേ സാന്തിമാപ്നോതി നാമ കാമി ഭഗവാൻ വളരെ വാചാലിനായിക്കൊണ്ട് പറയാണ് വ്യാസഭവാൻ കൃഷ്ണനിലൂടെ ആപൂര്യമാണം അചലപ്രതിഷ്ടം സമുദ്രം ആപഹ യദ്വത് യദ്വത് ഏത് പ്രകാരത്തിലാണോ സമുദ്രത്തിലേക്ക് നാനാവിധമായ ഭാഗങ്ങളിൽ നിന്ന് നദികൾ വന്ന് ചേർന്ന് സമുദ്രത്തിൻ്റെ സഹജമായ ഭാവത്തിന് ഒരൽപ്പം പോലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കാത്തത് ഇതുപോലെ വൈവിധ്യമാർന്ന വിഷയങ്ങളും കാമനകളും എന്തൊക്കെ നമ്മിൽ വന്നു ചേർന്നാലും നമ്മുടെ നിൽപ്പിന് ഒരിളക്കവും ഉണ്ടാകാതെ നിലകൊള്ളണം എന്ന് പറയാം അപൂര്യമാണ് അജലപ്രതിഷ്ഠ ഗംഭീര പറയണു ഈ ആനന്ദത്തില് ഈ സമുദ്രത്തില് സമുദ്രം എന്ന് പറഞ്ഞാൽ അതാണ് അതൊക്കെ തനിക്ക് എന്താ പറയുക ആനന്ദത്തിനുള്ള വകയായി മാറുന്നു എല്ലാം ആചാര്യസ്വാമികൾ ഒരു സ്ഥലത്ത് പറയുന്നു യത് സൗഖ്യാംബുദിലേശലേശത ഇമേ ശക്രാതയോ നിർവൃതാ യത് സൗഖ്യാമ്പുതിലേശലേശത ഇമേ ഏതൊരു സുഖ സമുദ്രത്തിൻ്റെ അൽപമാത്രമായതിനെ നുകർന്നിട്ടാണോ ശക്രാദയാ നിർവൃതാഹ ഇന്ദ്രാദി ദേവന്മാർ നിർവൃതി അടയുന്നത് അതീ സമുദ്രത്തിനാണ് അതിനെയാണ് ഗുരു ആഴമേറും നിൻമഹസാം ആഴീൽ എന്ന് പറഞ്ഞത് ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അപ്പൊ ഈ തന്നെയാണ് ആ സമുദ്രം എന്ന് പറയാം ഇപ്പൊ ബ്രഹ്മാനുഭവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് വിട്ട് വേറെ ഏതെങ്കിലും ഒരു അനുഭവ മണ്ഡലത്തിലേക്കണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ അതിനെ സാക്ഷാത്കരിക്കുന്നു ശങ്കരാചാര്യസ്വാമികൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇമാം മുക്താവസ്ഥാം പരമശിവ സംസ്ഥാം ഗുരുകൃപാം ഇമാം മുക്താവസ്ഥ ഇതാ ഈ മുക്താവസ്ഥയെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് പ്രാപിച്ചിട്ട് സുതാപാങ്കാവപ്യാം സഹജ സുഖവാപ്യാം അനുദിനം മുഹൂർമജ്ജൻ മജ്ജൻ സുഹൃതി നരശ്ചേൻ നരവരഹ പറയണു ഈ സുഹൃതിയായിട്ടുള്ള നരൻ മുഹുർമജ്ജൻ മജ്ജൻ മുങ്ങി മുങ്ങി മുങ്ങി ഏതില് ഈ സമുദ്രത്തില് ആനന്ദ സമുദ്രത്തില് അങ്ങനെ ആനന്ദ സമുദ്രത്തിൽ മുങ്ങുന്ന ശങ്കരാചാര്യർ പറയണു സദാ ത്യാഗി യോഗി കവി ഇതി കവയ വതന്തി കവികൾ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവനാണ് ത്യാഗി അവനാണ് യോഗി അവനാണ് കവി എന്ന് അതായത് ഒന്നിൻ്റെയും ആശ്രയം കൂടാതെ അവനവൻ്റെ ആ സ്വരൂപത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവനാകുന്ന സമുദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിലാനന്ദനായി നിലകൊള്ളുന്ന ഭാവത്തെ വർണ്ണിച്ചിരിക്കുക അതിനെയാണിവിടെ ആപൂര്യമാണ് അചലപ്രതിഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കേന്ദ്രം നമ്മളാണ് എന്ന് പറയാം ആ നമ്മുടെ അനശ്വരമായ പ്രഭാപൂരത്തില് നമ്മളങ്ങനെ ആഴ്ന്നിറങ്ങുക അതിലേക്കൊന്ന് ഒരു സിലിണ്ടറിലേക്ക് വീഴുന്നത് പോലെ നമ്മളങ്ങോട്ട് വിഴുക ആ പ്രഭാപൂരത്തിലേക്ക് അങ്ങോട്ട് വീഴുക അതൊരു വിഴലാണ് വിചാരിക്കേണ്ട അത് ക്രമത്തില് ക്രമത്തില് ഒരു മാസം കൊണ്ട് നൂറ്റിയെട്ടാമത്തെ ദിവസം അങ്ങനെ ഒരു ദിവസമൊന്നും അതിന് വരുന്നില്ല അതെപ്പം വേണമെങ്കിലും സംഭവിക്കാം അത് കണ്ണടയ്ക്കുമ്പോ സംഭവിക്കും കണ്ണടക്കുക എന്ന് പറഞ്ഞാ ഇന്ദ്രിയങ്ങളെ എവിടെ നിന്നാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രചോദനമേകുന്ന ആ ചൈതന്യം ആ ബോധം എവിടെ ആ ബോധത്തിലേക്കുള്ള വീഴ്ച അതിനെവിടെ അന്വേഷിക്കണം ക്ഷേത്രത്തിൽ അന്വേഷിച്ചാൽ കിട്ടില്ല പള്ളിയിൽ അന്വേഷിച്ചാൽ കിട്ടില്ല ആശ്രമത്തിൽ അന്വേഷിച്ചാൽ കിട്ടില്ല ഗുരുദ്വാരയിൽ അന്വേഷിച്ചാൽ കിട്ടില്ല ദുനിയാവിലെ സകലമായ കിതാബുകളിൽ അന്വേഷിച്ചാലും കിട്ടില്ല അവനവനിലല്ലാതെ നിങ്ങളോട് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ് ഇതുകൊണ്ട് അന്വേഷിക്കേണ്ടത് അന്വേഷകനെ തന്നെയാണ് അതിഗംഭീരമായ ഒരു കഥയുണ്ട് ബുദ്ധിസത്തിൽ ഒരമ്മ കുറേ പേരിങ്ങനെ നടന്നു പോകുന്നു ആ നടന്നു പോകുന്ന സമയത്ത് ആ അമ്മ എന്തോ തെരയുന്നു അപ്പൊ കുറച്ചു പേര് ആ അമ്മയെ സഹായിക്കാം എന്ന് തോന്നി അവർ ചോദിച്ച എന്താ അമ്മ തെരയുന്നത് പറഞ്ഞു മോനെ എൻ്റെ സൂചി തരുകയാണ് എന്ന് പറഞ്ഞു അവരെല്ലാവരും തരയാൻ തുടങ്ങി അവിടെ സൂചി കാണാനില്ല അവസാനം അതിൽ ഒരാൾ ചോദിച്ചു അമ്മേ അമ്മ എവിടുന്നാണ് തുന്നിയതെന്ന് അത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തു നിന്നായിരുന്നു വീട്ടിൻ്റെ അകത്തു നിന്ന് തുന്നിയ സൂചി അമ്മ ഇവിടെ എങ്ങനെയാണ് തിരയുക ഇവിടെ തിരഞ്ഞാൽ ഇങ്ങനെ കിട്ടും അല്ല മോനെ അവിടെ വിളിച്ചില്ല ഞാൻ വെളിച്ചുള്ള അടുത്ത് വന്ന് നോക്കുകയാണ് അപ്പം അവർ ഈ അമ്മയെ പരിഹസിച്ചു എന്നാണ് അപ്പം അമ്മ പറഞ്ഞു മക്കളെ ഞാൻ ചെയ്യുന്ന ഈ പണി തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് അവരൊരു സത്സംഗത്തിനൊക്കെ പോയി വരിക അപ്പൊ നിങ്ങൾ എവിടെയാണോ പോയത് അവിടെ അന്വേഷിക്കോ എവിടെയാണ് സൂചി വീണത് അവിടെയാണ് അന്വേഷിക്കേണ്ടത് എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാൽ കിട്ടുമോ കിട്ടില്ല ഇത് തന്നെ അവർ ഈ അമ്മയ്ക്ക് അവരോട് തിരിച്ചു പറയാനുണ്ടായത് അതുകൊണ്ട് ഗീതാശാസ്ത്രം ഗീതാശ്രവണം നമ്മെ അന്വേഷിക്കാൻ നമ്മെ സഹായിക്കുന്നതാവുന്നു ചിലർക്ക് അങ്ങനെയല്ല സത്സംഗം ഉണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ അതുകൊണ്ട് ഏത് നേരം അവർക്ക് ക്ലാസ് വേണം ഏത് നേരം അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം ആധ്യാത്മിക പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും നിരന്തരം അതിൻ്റെ അഭാവത്തിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് അന്വേഷണത്തിന് നമ്മെ സജ്ജമാക്കാൻ സ്വയം താൻ തന്നെയാണ് അന്വേഷണ വിഷയം താനാണതിൻ്റെ കേന്ദ്രം ആ കേന്ദ്രത്തിലേക്ക് തിരിക്കാൻ പറയാം ശ്രദ്ധ എന്നിട്ടോ അവിടെ ഇതിനെ കണ്ടെത്തണം എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കിട്ടില്ല അന്വേഷകനാണ് അന്വേഷണം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ ആസ്പന്ദമാകണം ഇളക്കമില്ലാത്ത അറിവ് അത് പ്രകടമാകേണ്ടത് ഫലവത്താകേണ്ടത് നിന്റെ ഉള്ളിലാണ് അത് ഉറക്കേണ്ടത് അതുകൊണ്ട് കാമനകൾ എത്രയാവട്ടെ സമുദ്രത്തെ പോലെ സമുദ്രത്തെ ഓർത്തോളാം സമുദ്രത്തെ ധ്യാനിക്കുക അതുകൊണ്ട് ഇടയ്ക്ക് സമുദ്രമൊക്കെ പോയി കാണുന്നത് നല്ലതാണ് സ്വാമിക്ക് നിങ്ങളോടുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ പോയിക്കോളൂ കുറേ കാലമായല്ലോ നമ്മളീ പോവാൻ തുടങ്ങിയിട്ട് ഇനിയുള്ള നമ്മുടെ യാത്രകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടെ ഒന്ന് ഒന്ന് തെരഞ്ഞെടുക്കൂ നല്ലൊരു കാട് നല്ല സമുദ്രം ഇതുപോലെ വലിയ പർവ്വതങ്ങൾ ഇതൊക്കെ ഒന്ന് തെരഞ്ഞെടുക്കും ഇവിടെ നോക്കിയാണ് ഈ ശാസ്ത്രം ഉദ്ഭവിച്ചത് അല്ലെ സ്വാമി ഇത് തോന്നിയത് പറ അല്ലെന്നേ ഭഗവാൻ തന്നെയാണല്ലോ ഇതൊക്കെ പറയണത് ഇടയ്ക്കൊന്ന് ആമയെ പോയി നോക്ക നേരത്തെ പറഞ്ഞല്ലോ ആമയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ആമയെ കാണുന്നത് നല്ലതാ ഇതുപോലെ ഓരോന്ന് കാണുന്നത് കാറ്റത്ത് ഈ സമുദ്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കാണാം കെട്ടിയിട്ട തോണി കെട്ടിയിടാത്ത തോണിയും ഒക്കെ കളിക്കുന്നത് അപ്പൊ ഞാനും ഇതുപോലെയൊക്കെ അല്ലേ അവിടെയാകുമ്പോൾ എന്താണെന്നറിയാം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല അവിടെയും നമുക്ക് കാണാം വാഹ ചാർത്തും പിന്നെ എന്താ ഉദയാസ്തമന പൂജയും ഉദയാസ്തമന പൂജയ്ക്ക് നമ്മൾ എവിടെയാ പോകാറ് സാധാരണ അല്ലേ ഉദയാസ്തമന പൂജ കിട്ടാനില്ല സ്വാമി ഞാൻ ചീട്ടാക്കിയിട്ട് എത്ര വർഷം കാത്തിരിക്കണം എന്നറിയാം എന്തിനാ അധികം വർഷമൊക്കെ കാത്തിരിക്കുന്നത് ഒരു ഉദയം ഒരു അസ്തമയം ധാരാളമല്ലേ അല്ലേ ആ പൂജ കാണും ആരൊക്കെയാ പൂജയിൽ പങ്കെടുക്കുന്നത് നിങ്ങളോടാരും മാറുമാറുമെന്ന് പറയാനില്ല കടപ്പുറത്ത് പോയി നിൽക്കൂ സൂര്യോദയോ സൂര്യാസ്തമയോ കിളികളുണ്ട് എല്ലാവരും കാറ്റുണ്ട് ആ സമുദ്രമുണ്ട് എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ അവിടെ മണിമഴക്കും എല്ലാം ഇല്ലേ അവിടെ അവിടെ ഇല്ലേ പ്രഭാതപൂ എന്താ ഉഷപൂജയൊക്കെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നേദ്യങ്ങൾ സമർപ്പിക്കുന്നില്ലേ ആ ഒരു വിശ്വപൂജ ഒന്ന് കണ്ടുനോക്കൂ ഒരിക്കലെങ്കിലും പൂര്യമാണ് അജലപ്രതിഷ്ഠം എന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തലവണ്ട ഗത്തേക്ക് കയറും ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മെ സംബന്ധിച്ച് നല്ല കരിങ്കല്ല അതെ നല്ല അസൽ കല്ല് അതിനൊരു പ്രത്യേക രൂപമൊക്കെ ഉണ്ട് അത് ക്ഷേത്രത്തിനകത്ത് അങ്ങനെ ഇരിക്കുക പിന്നെ മുമ്പേ വീട്ടിലുള്ളത് കോണിപ്പടിയുടെ താഴ്ത്ത പിന്നെ അത്യാവശ്യം ഫോട്ടോയിലൊക്കെ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ആണി അടിച്ചങ്ങനെ വെച്ചിരിക്കുക ആനങ്ങാൻ പറ്റില്ല അതിന്നൊക്കെ മാറട്ടെ ചിലപ്പോ കേൾക്കുമ്പോ വിഷമമൊക്കെ തോന്നും സ്വാമിയോട് ക്ഷമിക്കുക വിവേകാനന്ദ സ്വാമികൾ പറയും കല്ല് ഈശ്വരനാണ് ഇതം സർവം ഈശാവാസ്യം എന്ന പ്രമാണ പ്രകാരം കല്ല് ഈശ്വരനാണ് കല്ല് മാത്രമല്ല എല്ലാം ഈശ്വരനാണ് പക്ഷേ ഈശ്വരൻ കല്ലല്ല അത് മനസ്സിലാക്കണം ഈശ്വരൻ എന്തല്ല കല്ലല്ല കല്ല് ഈശ്വരനാണ് മറിച്ച് ഈശ്വരൻ കല്ലല്ല ഓർമ്മ വേണം കുട്ടികൾക്ക് നമ്മൾ ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കണേ കല്ല് കാണിച്ചിട്ട അതായി കുഴപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ പറയാറുള്ള നിർദ്ദേശം കുട്ടികളെ കഴിയുന്നതും നിർബന്ധപൂർവം ക്ഷേത്രങ്ങളിലേക്കൊന്നും കൊണ്ടുപോകരുതെന്നാണ് പഴയ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ സയൻസൊക്കെ പഠിച്ച് വളരെ എന്ത് കണ്ടുകഴിഞ്ഞാലും അവർക്കറിയാം നക്ഷത്രങ്ങൾ എത്രയുണ്ട് അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ അപ്പം ഈശ്വരനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി എന്തെങ്കിലും പറയാൻ പറ്റിയാൽ മാത്രം കൊണ്ടുപോയാൽ മതി അതുകൊണ്ട് അവർ ഈശ്വര നിഷേധികളൊന്നും ആവില്ല അവരറിയും ഈശ്വരനെ അതുകൊണ്ട് ആ പലപ്പോഴും കുട്ടികൾക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു കുറേ കാലമായിട്ട് നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് ക്ഷേത്രത്തിലൂടെയാണ് ഈശ്വരനെ പഠിപ്പിക്കാൻ ശ്രമം അവിടെയൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട് ഋഷി ഇത് രചിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളൊന്നും വൈദിക കാലത്ത് ക്ഷേത്രമൊന്നുമില്ല അഗ്നിയാണ് പ്രത്യക്ഷനായിട്ടുള്ള ദേവൻ അതുകൊണ്ട് ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമീളയെ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്നേ നയ സുപഥാരായേ അസ്മാൻ വിശ്വാനി വയുനാനി ദേവാൻ യോധ്യസ്മ ജൂരാണമേനോ ഭൂയിഷ്ടാം തേനമ ഉക്തി വിദേമ എന്നൊക്കെ ഋഷി അഗ്നിയോട് പറഞ്ഞിട്ടുണ്ട് അഗ്നേ നയ നയിച്ചാലും ഞങ്ങളെ സുപധാരായേ അസ്മാൻ അങ്ങയുടെ ശ്രേഷ്ഠമായ കത്തിജ്വലിക്കുന്ന മാർഗത്തിലൂടെ ഭൂമി അവർക്ക് ഈശ്വരനായിരുന്നു വൃക്ഷങ്ങൾ അതുപോലെ കടല് സമുദ്രം പർവ്വതങ്ങളൊക്കെ നമുക്കൊന്ന് കുറേയും കൂടെ നല്ലത് ഭഗവാൻ എന്തിനാണ് ഗോവർധനോദ്ധാരണത്തിലൂടെ ഈ സത്യം വെളിപ്പെടുത്തി കാണിച്ചു വന്നത് ഗോവർദ്ധനോദ്ധാരണം വിപ്ലവ ഏറ്റവും വലിയ വിപ്ലവാണത് നിലവിലിരിക്കുന്ന സംവിധാനത്തെ മുഴുവൻ പാടെ മാറ്റിമറിക്കുന്നതിനെയാണല്ലോ വിപ്ലവം എന്ന് പറയുക എന്നിട്ട് പുതിയ സംവിധാനത്തിന് രൂപം കൊടുക്കുന്നത് അങ്ങനെ നിലവിലിരിക്കുന്ന സംവിധാനക്രമത്തിന് പാടെ മാറ്റം വരുത്തി പുതിയ സംവിധാനത്തിന് രൂപം കൊടുക്കുന്ന സമയത്ത് പഴയ സംവിധാനത്തെ പൂർണ്ണമായി അടിച്ച് തകർക്കലു മാ തകർക്കപ്പെടുക തകർക്കപ്പെടുന്നില്ല എന്ന് പറയാം അതിന് പോറൽ ഏൽപ്പിക്കാതെ അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടെങ്കിൽ അതാണ് ഗീത ഭഗവാൻ ചെയ്തിട്ടുള്ളത് ഭഗവാനോടെ വലിയൊരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കാണ് പൂജ ചെയ്യുന്നത് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഇന്ദ്രന് നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഗോവർദ്ധനമല്ലേ നമുക്ക് പ്രത്യക്ഷമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ പശുക്കളൊക്കെ ഇവിടെയല്ലേ പുല്ലുമേയുന്നത് നമുക്ക് വേണ്ട കൃഷിയൊക്കെ ഇവിടെയല്ലേ നമ്മൾ ഇറക്കുന്നത് അതുകൊണ്ട് ഗോവർദ്ധനത്തെയല്ലേ പൂജിക്കേണ്ടത് അപ്പൊ അവർക്കൊക്കെ തോന്നി ശരിയാണെന്ന് ഗോവർദ്ധന പൂജയിലൂടെ ഭാഗവതത്തിൽ ഭഗവാൻ കാണിക്കുന്നത് കാളീയ മർദ്ദനത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കല അല്ലേ ഇന്ന് ഭക്തന്മാർക്കൊക്കെ നദികൾ വിഷലിപ്തമാകുന്നതിൽ എന്തെങ്കിലും വിഷമം തോന്നാറുണ്ടോ ഏതെങ്കിലും ഒരു സ്വാമി ചോദിക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന ചില ചില ചോദ്യങ്ങളുണ്ട് ഇതിൽ നിങ്ങളൊക്കെ ഭക്തന്മാരാണോ ഭക്തന്മാരല്ലേ എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു നല്ല ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സ്വാമി ചോദിക്കാം ഏതെങ്കിലും ഒരു പുഴ മാലിന്യപ്പെട്ട് ഒഴുകുന്നു എന്നൊരു വാർത്ത പത്രത്തിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഒന്ന് ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രം ആരെങ്കിലും ബോംബ് വെച്ചു എന്നോ അതിൻ്റെ ഓടിന് കല്ലെറിഞ്ഞുനോ ആരാധനാലയത്തിന് എറിഞ്ഞു എന്നോ തോന്നുമ്പോൾ അപ്പോഴേക്കും ഭക്തന്മാർക്കൊക്കെ ഒരു ഭക്തന്മാർ വൈകുന്നേരം സമ്മേളനം കൂടുകയായി അല്ലേ പിന്നെ കൊടിയെടുക്കുകയായി നടക്കുകയായി അപ്പൊ ഈ പറഞ്ഞതൊന്നും നാരായണനല്ലേ ഈ നദിയൊന്നും സ്രോതസാമഹം ജാഹനവി എന്ന് പറഞ്ഞത് ഭഗവാനല്ലേ സ്ഥാവരാണാം ഹിമാലയഹ എന്ന് പറഞ്ഞത് ഭഗവാനല്ലേ വൃക്ഷ എന്താ വൃക്ഷാണാമഹം അശ്വത്ഥ എന്ന് പറഞ്ഞത് ഭഗവാനല്ലേ മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്ഥി ധനഞ്ജയ എന്ന് പറഞ്ഞത് ഭഗവാനല്ലേ അപ്പം നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് കേവലം മതിൽക്കെട്ടിനകത്ത് ഇതൊക്കെ ഇതിലങ്ങനെ ഇരിക്കുന്നതാണ് അല്ലാണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന നദികളെ ഈശ്വരനായി കാണാൻ അത് കണ്ടതോ വലിയ അവദ്ധമായിട്ടുണ്ട് കാണാൻ തുടങ്ങിയപ്പം അതിൽ തുടങ്ങി ചിരാതൊഴുക്കാനും അതിൽ കൊണ്ടുപോയി പൂവിടാനും ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ആകെ ഈ കർപ്പൂരം ഒഴിഞ്ഞ് ഈ ചിരാത് കത്തിച്ച് പൂവിടുന്ന ഒരൊറ്റ ഏർപ്പാടാണ് ആരാധന ആരാധിക്കുക എന്ന് പറയുന്നത് അതിനെ അറിയുക അതിന് ദോഷമേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രൂപയും ഗംഗയ്ക്ക് വേണ്ട പമ്പയ്ക്കും വേണ്ടല്ലേ ഇപ്പൊ കേരളത്തിലെ പമ്പ നദിയെ മാലിന്യപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാർ എന്ന് തന്നെയായിരിക്കും ഉത്തരം ചിലപ്പോ കേരളത്തിലുള്ളവർ പറയും തമിഴ്നാട്ടിലെ ഭക്തന്മാരാണെന്ന് അവർ പറയും ആന്ധ്രയിലുള്ളവരാണെന്ന് ആരായാലും ഭക്തന്മാരാണല്ലോ അല്ലെ ഇതൊരു സത്യമാണ് സ്വാമി പറയുന്നത് അപ്പൊ പമ്പയിൽ വസിക്കുന്നു അയ്യപ്പൻ എന്ന കാരണം പമ്പയിൽ അയ്യപ്പൻ ഇല്ലാന്ന് നല്ല ഉറപ്പുണ്ട് അയ്യപ്പനിരിക്കുന്ന ഇവിടെ കുറേ കൂടെ മുകളിലാണ് സന്നിധാനത്തിലാണ് ചിലപ്പോ നമുക്ക് വേദന ഉണ്ടാവും പക്ഷെ ക്ഷമിക്കുക സ്വാമിയോട്ട് അടുത്തു നിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം എന്ന് കവി പാടുമ്പം അടുത്തു നിൽക്കുന്ന അനുജൻ ആരാണെന്നറിയോ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു വിധത്തിലും പോറലേൽപ്പിക്കാത്തവനാണ് അത് നമ്മൾ അതിലേക്ക് വരാൻ പോവുകയാണ് അതിൻ്റെ എന്താ ആ വിഷയമൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സാവകാശം ചിന്തിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ കുറച്ചു പേരെങ്കിലും നിങ്ങൾ മാതൃകയായി തീർന്നു കഴിഞ്ഞാൽ തന്നെ അഹാക മാറി മറിയും എന്ന് പറയാം കാര്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട ക്ഷേത്രത്തിലേക്കുള്ള നിങ്ങളുടെ പോക്കൊന്നും നിൽക്കില്ല പക്ഷേ നിങ്ങൾ മുൻപ് ക്ഷേത്രത്തിൽ പോയതുപോലെ ആയിരിക്കില്ല ഇത് ഉൾക്കൊണ്ട് ക്ഷേത്രത്തിൽ പോണത് ഒരിക്കൽ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പം നമ്മളവിടെ പലരും പലതും കാണാറുണ്ടാവും എന്താ ഇപ്പൊ കാണുന്നത് കുടുംബക്കാരെ കാണും അവിടെ സുഹൃത്തുക്കളെ കാണും ക്ഷേത്രത്തിലെ പൂജാരിയെ കാണും അങ്ങനെ പലതും കാണും ഇനി നമ്മൾ പോകുമ്പോണ്ടല്ലോ ഒന്നും കാണുകയാ അങ്ങനെ ഒരു പോക്കുണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെ ഒരാൾ പോകുന്നുണ്ട് ആദ്യം നീ എന്തൊക്കെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗുരുവിനോട് പറയുന്നുണ്ട് ഞാൻ ഗോപുരവാതിൽ കണ്ടു ശ്രീകോപില് കണ്ടു ഗർഭഗൃഹം കണ്ടു മൂർത്തിയെ കണ്ടു പോരാ പോവാൻ പറയും ഇനിയും പോവാൻ പറയും അവസാനം അദ്ദേഹം പോകുന്നുണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ പറയും ഞാൻ ഒന്നും കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്നും കാണാതെ എല്ലാം കാണലുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇപ്പൊ നമ്മള് നടയടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കും നമുക്കൊരു ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിനകത്ത് അത് തുറന്നിട്ടില്ലേ നമ്മൾ പരസ്പരം നോക്കും തിരുമേനി എന്തായത് തുറക്കാത്തത് അതെ ഉറങ്ങിപ്പോയി എന്ന് സംശയമുണ്ട് തോന്നുന്നുണ്ട് ഇയാൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ഉറങ്ങിയ അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ വിഷമങ്ങളൊന്നും വേണ്ട നമ്മൾ നിങ്ങളെ ഒരു തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകില്ല ആർക്കൊക്കെയോ പേടിയുണ്ട് സ്വാമി ഇവിടെ ഇവരെ മുഴുവനാകെ പ്രശ്നമുണ്ടാക്കും എന്ന് അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട പഴയതിനേക്കാൾ നമുക്ക് കുറേയും കൂടെ ഒരു ഒരു ഭഗവാൻ എന്നൊക്കെ പറയുമ്പം അങ്ങനെ എന്താ ഒന്നും പറയാനുണ്ടാവരുത് ഒന്നും ചോദിക്കാനോ ഒന്നുമില്ല വെറുതെ അങ്ങോട്ട് മുന്നിൽ പോയി നിൽക്കുക ഓ കൈകൂപ്പി അങ്ങോട്ട് പോവുക അത് തന്നെ ഒരു ലിസ്റ്റുമില്ല പറയാം കാരണം എല്ലാം അറിയുന്ന ആളാണ് ആ കാമനകൾ ഒടുങ്ങിയാൽ നമ്മുടെ ഭക്തിയൊക്കെ വരും ഇതിപ്പോ കാമനകൾ അധികരിച്ച ഒരാള് ക്ഷേത്രത്തിൽ പോയാൽ എന്താ അദ്ദേഹത്തിന് പറയേണ്ടാവുക എന്തൊക്കെയാണോ കിട്ടാത്തത് അത് കിട്ടാനുള്ള പ്രയത്നങ്ങൾക്കായിട്ട് അത് നേടാൻ വേണ്ടിയിട്ട് ആ ആവശ്യങ്ങളും കൂടെ പറയൂ അവിടെ അതുകൊണ്ട് ഒരുപാട് എഴുത്തുകൾ ഒന്ന് രണ്ട് എഴുത്തുകളൊക്കെ സ്വാമിക്ക് വരുന്നുണ്ട് ഈ സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ പോവാത്തവരും കൂടെ പോവണം പക്ഷേ എന്തിനാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് എൽ കെ ജിയാണ് യു കെ ജിയാണ് ഇല്ല നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നമുക്ക് പറയാനില്ല ക്ഷേത്രം തുടക്കവും ഒടുക്കവുമാണ് ക്ഷേത്രം ഒരു ശിലയെ ഈശ്വരനായി കാണുക എന്നത് അത് ചെറിയൊരു കാഴ്ചയൊന്നുമല്ല അത് ഒടുക്കത്ത കാഴ്ചയാണ് അതെ ശിലയിൽ ഈശ്വരനെ കാണും കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ കാഴ്ചയൊന്നും ഇല്ല അതിൻ്റെ മുകളിൽ വേറെ കാഴ്ചകളൊന്നും ഇല്ല ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല പിന്നെ അതെങ്ങനെ തുടക്കമാവും അതൊടുക്കം തന്നെയാണ് ഇതം സർവം ഈശാവാസ്യമെന്ന് ഉറപ്പുറ്റ മനസ്സിനെ അത് ഈശ്വരനാണെന്നറിയാൻ പറ്റും അതുകൊണ്ട് രാമകൃഷ്ണദേവൻ ഒരു ആന നാരായണന്റെ കഥ പറയും കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളില്ലേ ആനക്കാരനിലും ആ ആനക്കാരൻ പറയുന്ന വാക്കിലും നാരായണന്റെ വാക്കുണ്ടായിരിക്കുകയാണെന്നുള്ളത് അതാവശ്യമാണ് ശരി തുടർന്ന് നോക്കാം വിഹായ നിസ് അതൊരു കുമാനാണോ മനുഷ്യനാണോ യാതൊരുവനാണോ യാതൊരു പുരുഷൻ സർവാൻ കാമാൻ വിഹായ എല്ലാ കാമനകളെയും ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ ആഗ്രഹം ഇല്ലാത്തവനായി നിർമ്മ മമത്വമില്ലാത്തവനായി എൻ്റേതെന്നും അവൻ്റേതെന്നും ഉള്ള ചിന്തകളെയൊക്കെ വെടിഞ്ഞ് ഇതൊക്കെ ആവർത്തിച്ചിട്ടുള്ളതാണ് മുൻപ് സ്പൃഹ എന്നാൽ കാമന എന്നാൽ നിരഹങ്കാര ഞാനെന്ന ഭാവം ഇല്ലാത്തവനായിട്ട് അഹങ്കർത്ത അഹംഭോക്ത ഇത് അഹങ്കാര ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നാളെയും ചെയ്യും ഇതാണ് അഹങ്കാരം ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട് ണ്ട് ഞാൻ ഇന്നും ചെയ്യും ഞാൻ നാളെയും ചെയ്യും എന്ന് പറയും അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അതില്ലാത്തവനായിട്ട് ആരാണോ ചരതി ചരിക്കുന്നത് പ്രവർത്തിക്കുന്നത് വർത്തിക്കുന്നത് സഹ ശാന്തി അധികച്ചതി അവൻ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറയാം അപ്പൊ ആരാണ് ശാന്തിയെ പ്രാപിക്കുന്നത് ഇതിനെയാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പരിവർത്തനം എന്ന് പറയുക ഈ പരിവർത്തനത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്രിസ്തുദേവനാണ് ശരിക്കും അദ്ദേഹം പറയുന്ന പരിവർത്തനവും ഇതാണ് തന്നിലേക്കുള്ള ഒരു പരിവർത്തനം തൻ്റെ ആഴങ്ങളിലേക്ക് എന്ന് പറയാം ഒരുവൻ്റെ ഒരുവനെ ഒരുവനെ പരിവർത്തനത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലാതെ അവൻ്റെ ബാഹ്യമായ അവൻ്റെ മതം മാറ്റിയതുകൊണ്ട് കാര്യമില്ല അവനെ ഇതിലേക്കാണ് അവൻ്റെ അവനെ മറിച്ചിടേണ്ടത് എന്ന് പറയാം അതായത് അവൻ്റെ ആ പ്രഭവസ്ഥാനത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക് അതായത് നദിക്കെതിരായിട്ടുള്ളൊരു പോക്കാണത് എവിടെ നിന്നാണ് നദി ആരംഭിച്ചത് അതിൻ്റെ അതിലേക്ക് ലക്ഷ്യത്തിലേക്ക് അതുകൊണ്ട് ആ അതിലേക്കുള്ള പോക്കിന് നല്ല രസമാണ് ഇപ്പൊ ഗംഗോത്രി എന്ന് പറയും ഗംഗോത്രി എവിടെയാണ് ഗംഗയുടെ ഉദ്ഭവം അതിലേക്ക് പോകുന്നത് വളരെ രസമാണ് ഗോമുക്കിൽ എത്തിച്ചേരൽ അതുപോലെ കേദാറിൽ പോയി കഴിഞ്ഞാൽ മന്ദാഗിനിയുടെ ഉത്ഭവമാണ് കേദാർ അതുപോലെ ബദരി പോയാൽ സരസ്വതിയും അളകനന്ദയും കിട്ടും കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ യമുനോത്രി പോയി കഴിഞ്ഞാൽ യമുനയുടെ ഉദ്ഭവം കിട്ടും എന്തുകൊണ്ടാണ് യമനോത്രിക്കൊക്കെ വിശേഷണം യമുന ആരംഭിക്കുന്നു അവിടുന്ന് അതുകൊണ്ട് അവിടെ എത്തിച്ചേരൽ വളരെ പ്രതീകാത്മകമാണ് ആ ചടങ്ങ് ഉദ്ഭവത്തിലേക്ക് പോക്ക് അതുകൊണ്ട് തീർത്ഥാടനം തൻ്റെ തന്നെ ഉദ്ഭവത്തിലേക്കുള്ള പോക്കാണ് പ്രഭവസ്ഥാനത്തേക്ക് എവിടുന്ന് ആരംഭിച്ചു പോ അവിടുന്ന് രണ്ട് എക്സ്ട്രീമാണ് ഒന്ന് സമുദ്രമാണെങ്കിൽ ഒന്ന് ഇവിടെ രണ്ടും ഗംഭീരമാണ് അതിൻ്റെ ഇടയിലാണ് ജീവിതം ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയാം അതൊരു തിരിച്ചു നടത്തുന്ന തന്നെയാണ് അതുകൊണ്ട് ഉപനിഷത്തിൽ ഋഷി കളിക്കുന്നത് തീക്കളിയാണ് കളിക്കുന്നത് അതുകൊണ്ട് ഇതിനെ തീക്കളി പറയാം തിരിച്ചു പോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏർപ്പാടല്ലോ മറ്റതിങ്ങനെ വിട്ടുകൊടുത്താൽ അവിടെ എത്തിക്കോളൂ അവിടെ എത്താത്തതും ഉണ്ട് വിട്ടുകൊടുക്കോ അതുമില്ല എന്ന് പറയാം ചിലര് വിടില്ല സ്വാമി ഒരു പുല്ലിന്റെ കഥ പറഞ്ഞല്ലോ വിടാത്തത് എന്തായി തീരുന്നു എന്നുള്ളത് വിഹായ സർവാൻ പുമാംശരതി നിസ്പൃഹ നിർമ്മമ നിരഹങ്കാര സശാന്തിം അധികച്ചതി അവന് മാത്രമേ ശാന്തിയെ പ്രാപിക്കാൻ സാധിക്കുന്നുള്ളൂ നൈന്യ വിമുഹ്യത്തിമന്തനിർണമൃച്ഛതി ഓ योगशास्त्रे ബ്രഹ്മവിദ്യോസ്ജുനസംവാ ബ്രാമീ സ്ഥിതി പാർത്ഥ നയനം പ്രാപ്യ വിമുഹ്യത്തി സ്ഥിവാസ്യം അന്ധകാല അപ്പൊ ബ്രഹ്മനിർവാണം ഋച്ഛതി ഹേ പാർത്ഥ അല്ലയോ അർജുന പാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണു സംസാരമൃത്യോ മുക്ഷു പാദീതി പാൽ പരമാത്മാവ് എന്നർത്ഥ പ എന്നാൽ പരമാത്മാവ് ആ പരമാത്മാവിനെ അർത്ഥിക്കുന്നവൻ പാർത്ഥൻ പായ്ക്ക് നിരുക്തത്തിൽ കൊടുത്തിരിക്കുന്നത് അതാണ് എന്താണ് സംസാരമൃത്യോഹോ മുമുക്ഷും പാതീതി പഹ സംസാരമൃത്യോഹോ ജനിമൃതികളിൽ നിന്ന് മോക്ഷേച്ഛയുള്ളവനെ രക്ഷിക്കുന്നതിനെയാണ് പ എന്ന് പറയുന്നത് ആ പനെ നേട നേടുന്നവൻ ആ നേടാനുള്ള ശ്രമം നടത്തുന്നവൻ അതുകൊണ്ട് അല്ലയോ മുമുക്ഷുവായിട്ടുള്ള അർജുന ബ്രാഹ്മി സ്ഥിതിഹി ബ്രഹ്മസംബന്ധമായ ബ്രഹ്മനിഷ്ഠ ഇതാണ് അപ്പൊ ഇതാണ് ബ്രഹ്മനിഷ്ഠ മാത്രമല്ല ഏനാം പ്രാപ്യ ഏനാം ഇതിനെ ഈ ബ്രഹ്മനിഷ്ഠയെ പ്രാപ്യ പ്രാപിച്ചിട്ട് ന മുഹ്യതി പിന്നെ മോഹിക്കുന്നില്ല ഒന്നിനെ എന്ന് പറയാം ഇതിനെയാണ് ഭക്തിസൂത്രത്തിൽ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാരിതർ ഭക്തിസൂത്രത്തിൽ പറയും എൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യാപ്യ നിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷി ന രമതേ ന ഉത്സാഹി ഭവതി ഇങ്ങനെ പോണം അത് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട എന്ന് പറയാം എൽ ലബ്ധോ ആയ അതൊന്ന് ലഭിച്ചാൽ കുമാൻ സിദ്ധോ ഭവതി അവൻ സിദ്ധനായി തീരുന്നു അമൃതനായി എന്തെങ്കിലും വേണമെന്ന് പറയുന്നു ഏനാം പ്രാപ്യ ന പിന്നെ അവൻ ഒന്നിനും മോഹമില്ല എന്ന് പറയാം തത്ര കോഹ ക ശോക ഉപനിഷത്തില് ഏകത്വമനുപശ്യത ഏകത്വത്തെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവനിൽ ക മോഹ ക ശോക മോഹമെവിടെ ശോകമെവിടെ ഇവിടെയും ഭഗവാൻ പറയുന്നു ഏനാം പ്രാപ്യ ന മൂഹിയതി പിന്നെ അവന് മോഹമില്ല അന്ധകാലേ അപ്പി അന്ധകാലം എന്ന് പറഞ്ഞാൽ അവസാന കാലത്തും അസ്യാം സ്തിത്വ ഈ ഇതിൽ ഈ ബ്രഹ്മനിഷ്ഠയിൽ സ്ഥിതിത്വ സ്ഥിതി ചെയ്താൽ ഇരുന്നാൽ ബ്രഹ്മനിർവാണം റച്ചതി ബ്രഹ്മ നിർവൃതിയെ ആനന്ദത്തെ അവൻ അനുഭവിക്കുന്നു പ്രാപിക്കുന്നു എന്ന് പറയാം എന്നിട്ട് ഈ അധ്യായം ഉപസംഹരിക്കണം ഓം തത്സദ് ഇത് ശ്രീമദ് ഭഗവത്ഗീതാ സുപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ സാന്ധ്യയോഗോ നാമ ദ്വിതീയോധ്യായ ശ്രീ ഭഗവാനും കൃഷ്ണനും തമ്മിലുള്ള ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദം സംവാദം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുറഞ്ഞ അറിവ് മറ്റയാൾക്ക് കൂടിയ അറിവ് കുറഞ്ഞ അറിവുള്ള ആൾ കൂടിയ അറിവുള്ള ആളുടെ സമീപത്തിരുന്ന് കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിനെയാണ് അങ്ങനെ ഉള്ള രണ്ടു പേരുടെ സംഭാഷണത്തെയാണ് സംവാദം എന്ന് പറയുക ഒന്ന് സംവാദം പിന്നെ ഒന്ന് വാദം പിന്നെ ഒന്ന് ജൽപ്പം എന്ന് പറയും ഇങ്ങനെ നാലെണ്ണമുണ്ട് വാദം സംവാദം ജൽപ്പം വിതർക്കം ജൽപ്പം എന്ന് പറഞ്ഞാൽ ജൽപ്പനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക എന്താ എന്താ പറയുക ഒരിക്കലും ഈ ചെറുപ്പത്തിന് ഉള്ള ഒരു ഉദാഹരണം ഒരിക്കലും ഒരു ആൾ ഒരു കുറച്ച് കുട്ടികളിങ്ങനെ കളിക്കുക ആ കളിക്കുന്ന കുട്ടികളങ്ങോട്ട് വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു അപ്പോൾ അവരെല്ലാം ചെന്നു പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തി നാല് ശരി അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്ര ആഴ്ചയാണ് നാലാഴ്ച ശരിയല്ലേ അതെ നാലാഴ്ചയാണ് ഒരാഴ്ചയിൽ എത്ര ദിവസമാണ് ഏഴ് ദിവസമാണ് അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം അപ്പൊ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറ് മണിക്കൂറ് എത്രയാണ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളാണ് എത്ര സെക്കൻഡാണ് ഒരു മണിക്കൂറ് എത്ര സെക്കൻഡാണ് മിനിറ്റ് അല്ലേ മിനിട്ടാണ് മണിക്കൂറ് അതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്നും നിങ്ങൾക്ക് കണക്കറിയെന്നൊക്കെ നോക്കണമല്ലോ അതെ അറുപത് മിനിട്ടാണ് ഒരു മണിക്കൂർ അപ്പം മിനിറ്റ് സെക്കൻഡ് അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റ് ഇങ്ങനെയൊക്കെ കുറേ കണക്ക് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നിവിടെ എത്താൻ ഒരു മണിക്കൂറെടുത്തു എൻ്റെ വയസ്സ് എത്രയാണ് കുട്ടികളാകെ അത്ഭുതപ്പെട്ടു ഇതെന്ത് കണക്കായത് ഒരുവൻ പറഞ്ഞു ഒരുവൻ പറഞ്ഞു സാറിന് അമ്പത് വയസ്സായിരുന്നു അപ്പം അദ്ദേഹത്തിന് അത്ഭുതമായി ഇതെങ്ങനെ കണ്ടുപിടിച്ചു ആ പാവം പറഞ്ഞു സാറേ ഒരു അരവട്ടൻ വീട്ടിൻ്റെ അടുത്തുണ്ട് ഇരുപത്തഞ്ച് വയസ്സായത് അരവട്ടൻ അപ്പോൾ ഇത് മുഴുവട്ടാണ് കേസ് അപ്പോൾ ഇരുപത്തഞ്ച് കൂട്ടണം ഇരുപത്തഞ്ച് അമ്പത് എന്നൊക്കെ പറയും അതെ വളരെ സിമ്പിളാണ് കണക്ക് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങളുണ്ട് പിന്നെ വിതർക്കം വിതർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒന്ന് പറഞ്ഞാൽ അതിനെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം ഇതൊന്നുമല്ല വാദം തുല്യശക്തികൾ തമ്മിൽ കോടതിയിലൊക്കെ പറയും വാദമാണത് അവിടെ നടക്കുന്നത് വാദമാണ് ഇത് സംവാദം എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് വേറൊരാൾ സംസാരിക്കില്ല മിണ്ടാതിരിക്കും വാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും ഇതിൽ എല്ലാം പറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറിച്ചില്ല ഇതൊരാൾ എന്താണോ പറയുന്നത് അത് സമ്പൂർണ്ണമായി കേട്ടതിന് ശേഷം മറ്റൊരാൾ മറുപടി കൊടുക്കും നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത് സംവാദരൂപത്തിലാണ് ഗുരുശിഷ്യ സംവാദത്തിലാണ് ഉപനിഷത്ത് ഉമാമഹേശ്വര സംവാദത്തിലാണ് രാമായണം ശ്രീശുഖ പരീക്ഷിച്ച സംവാദമായിട്ടാണ് ഭാഗവതം ഇങ്ങനെ സംവാദത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു അങ്ങനെ ശ്രീകൃഷ്ണാർജുന സംവാദവും സാഖ്യയോഗോ നാമ സാഖ്യയോഗം എന്ന പേരോടുകൂടിയിട്ടുള്ള രണ്ടാം അധ്യായം സമാപ്തം ഇതൊക്കെ പിൽക്കാലത്താണ് ഇങ്ങനെ വന്നത് മഹാഭാരതത്തിൽ ഇങ്ങനെ കാണില്ല അതിലിങ്ങനെ അങ്ങോട്ട് പോവും ഒരൊറ്റ പോക്കാണ് ഭഗവത്ഗീതയെ വേറെ എടുത്ത ഒരു സ്വതന്ത്ര കൃ കൃതി പോലെ ഇതിനെങ്ങോട്ടേക്ക് എടുത്ത സമയത്ത് പിൽക്കാലത്ത് ഓരോരോ ആചാര്യന്മാര് അതിന് എന്താ ഓരോ പേരുകളൊക്കെ നൽകി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ പരുവത്തിലൊക്കെ ആക്കിവെച്ചു പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ പൂർണ്ണമുദ്യത പൂർണ്ണ പൂർണമായ പൂർണമേവശിഷ്യ